പുരുഷന്മാർ സ്ത്രീകളുടെ സംരക്ഷകരാണ് അള്ളാഹുസുബഹാനുഹൂവത്തായാലാ ചിലരെ ചിലരെക്കാൾ ശ്രേഷ്ഠനാക്കിയതുകൊണ്ടും അവർ തങ്ങളുടെ സമ്പത്തിൽ നിന്നും ചിലവഴിക്കുന്നതു കൊണ്ടുമാണത് സതുവൃത്തരായ സ്ത്രീകളനുസരണയുള്ളവരും അള്ളാഹുസുബാനുഭൂവത്തായാലാ കാത്തുസൂക്ഷിച്ചതുപോലെ രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരുമായിരിക്കും തങ്ങളുടെ അനുസരണക്കേടിനെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക കിടക്കകളിൽ അവരെ വിട്ടുനിൽക്കുക അവരെ അടിക്കുകയും ചെയ്യുക അവർ നിങ്ങൾക്ക് അനുസരണ കാണിച്ചാൽ പിന്നീട് അവർക്കെതിരെ നിങ്ങൾ യാതൊരു വഴിയും തേടരുത് തീർച്ചയായും അള്ളാഹു സുബഹാനുഹൂവറ്റ ആല ഉന്നതനും മഹാനുമാണ്